അളവറ്റുംപയു കന അവ ഇറവന അനുമതിയെ കൊണ്ട് ഇരുളുകളിൽ പ്രകാശത്തിൻപാൽ കൊണ്ടുവരു ഇവേദത്തെ നമേ ഉന്മീത ഇറക്കിരിക്കോഴുക്ക് ഉറിയാനും വല്ല മിക്കോണുമാകിയ അല്ലാഹവൻ പാതയിൽ അവർ കൊണ്ടുവരുവരാണ് അല്ലാഹ് എത്താൽ വാനങ്ങളിൽ ഭൂമിയുള്ളവയും അവനുക്കേ സ്വന്തമാകും ഇന്നും ഇതെ നിരാകരിപ്പോക്ക് കഠിനമായ വേദനയാണ് പെരു കെടുത ഇവലയെ അധികമാ നേശിക്കാൻ അല്ലാഹവൻ വഴിയെ വിട്ടും മറ്റവുകളെയും തടുക്കുന്ന കോണലെയും ഉണ്ടാക്ക വരും ഇവർ മികവും ദൂരമായ വഴിയെട്ടിലേക്കൊരു തൂതരെയും അവരുടെ സമൂഹത്താർക്ക് അവർ വിളക്കി കൂടുതലൊഴിയേ ബോധിക്ക്പടി നാം അനപ്പി വാടിയോരെ വഴിതവരാണ് താൻ നാടിയോക്ക് നേർവഴിയെയും കാണിക്കുന്ന അവൻ വല്ല മിക്കവനാണുവനവും നിശ്ചയമാ നാം മൂസാവ നമ്മുടെ അത്താച്ചി വീ ഉളിലെ പ്രകാശത്തിൻ്റെ അല്ലാഹു കട്ട് നികളെ അവട്ടും കട്ടലോ നിശ്ചയമാതിൽ പൊറമയുടയോ നന്ദിസെത്തോർ എല്ലോർക്കും പടിപ്പിണികൾക്കൂസാ തൂഹത്ത കൂട്ടത്താരിടം അല്ലാഹ് ഉണ്ടെപ്പാറ്റിയ പോ അല്ലാ ഉരുൾക്കൊലയെ നെയിത്തുപാരു അവദനയായി അറുത്ത കൊലമക്കളെ ഉയരുടെ വിട്ടും ഉള്ള ഇറവം ഇരുന്ന് ഉണ്ടു മകത്താണ് സോദന ഏർപ്പെട്ട് ഇരുന്നത് എറിഞ്ഞ നന്ദിസെത്തിനാൽ ഉങ്ങൾക്ക് നിശ്ചയമാരുളെ അധികമാക്കുവേൻ അവ മാാൽ നിശ്ചയമാേദന മിക കടുമയം നിലവൂരു സമൂഹത്താനം ഭൂമിയുള്ള അനുവരും സേർന്ന് മാറുത പോ നഷ്ടമും ഏർപ്പെടാതെ നിശ്ചയമാവയറ്റോനും പുഴ ഉടയോനുമാർക്കും കൂടിന മുൻസു പോന ൂത് പോ സമൂഹത്താരൻ അവൻ വന്നവർ ചെയ്തും ഉള്ള അവരെ എവരും അറിയാ അവർ അല്ലാപ്പി അവ കൊണ്ടുവന്ന അപ്പോൾ അവർ അവായകളിൽ പക്കം തട്ടിവിട്ട് എട്ടോ അത്തൂതരിക്കോ അഞ്ചിയും എൺപാൽ അഴക്കീകളോ അതെപ്പറ്റിയും പെരും സന്തേഹത്തിൽ കൂറിനാ ഇവൻ അനുഭവ വാനങ്ങളെയും ഭൂമിയെയും പഠിത്ത അല്ലാതെ പറ്റിയാ ഉണ്ടേഹം അവൻ ഉടൻ പാവങ്ങളെ മുന്നിപ്പഴക്ക അതുടൻ ഒരു കുറിപ്പിച്ച തവണ വരെ ഉണ്ടു അവകാശം അളിക്കുന്ന അപ്പോൾ അവർ എങ്ങനെ പോണ്ട മനേ അൻ വേറെ എങ്ങനെയ മൂതാദയർ വണങ്ങിക്കൊണ്ടിരുന്നവരെ വിട്ടും എങ്ങനെ തടുക്കവൺ വരും അപ്പടിയാണോ എങ്ങനെ തെളിവാന ആധാരങ്ങളെ കൊണ്ടുവാ അവം വന്ന തൂത അവ നോക്കി നാങ്കൾ ഉണ്ടെ പോ അല്ലാമില്ല അല്ലാഹ് തൻ അടിയാറുകളിൽ താൻ നാടിയവർ മീത് അരുൾ പുരുക അല്ലാഹുവൻ അനുമതി ഇന്ത്യ എന്തോർ ആധാരത്തെയും കൊണ്ടുവരു ഇന്നും ഉറപ്പോർ എല്ലാം അല്ലാതവൻ ഉറദിയും കൂടിനെങ്കിൽ ഉറദിയാണ് നമ്പിക്കുന്നത് നിശ്ചയമാൻതാൻ എങ്ങനെയും എങ്ങനെ നിശ്ചയമായി നേർപ്പെടുത്തി കാട്ടിനാണ് എങ്ങനെ കൊടുക്കും തൻപത്തെ നിശ്ചയമാർത്ത് കൊണ്ടു നമ്പിക്കോർ അല്ലാഹവൻ മീതേ ഉം നിരാകരിപ്പവതെ എങ്ങൾ ഭൂമിയേറ്റി വിടുവോ അല്ല എങ്ങൾ മാര്ഗത്തിൽ അപ്പോൾ നിശ്ചയമാ നാം ഇന്ന് അനുയായക്കാരെ അഴിത്ത് വിടുവോം എന്നും നിശ്ചയമാ നാം ഉപ ഇപ്പൂമിയ കുടിയേറ്റവും ഇത് മുൻപ് വിസാരണക്കാൻ നിൽപ്പതായി അഞ്ചിയും എച്ച അഞ്ചി ും അവർറ്റമുള്ള സാ വിവയിൽ എളിയിൽ ഇറങ്ങാതെ ഒര് അവനുക്ക് മരണം വന്നുകൊണ്ടിരിക്കും അവൻ ഇറന്ന് വിടുമ്പനും അല്ല അഞ്ചിയും അവൻ മുൻപേ മിക കൊടിയ വേദനയും ഉണ്ട് എവർ തങ്ങളുടെ റപ്പൈ രക്ഷകനെ നിരാകരിക്കോ അവ ഉദാഹരണമാവത് അവരുടെ സാമ്പൽ പോണ്ടെ പുറ്റിനും നാളിൽ അച്ചാമ്പലായി ഇലേതാക്കി കാറ്റ് അടിച്ച് കൊണ്ട് പോയി വിട്ടത് അവവാറേ താങ്കൾ സമ്പാദിത്തൊരു കളിൽ എൻ്റെ പുതിയതൊരു പഠിപ്പി കൊണ്ടുവരുവാണ് ഇന്നും ഇത് അല്ലാഹുക്ക് കഠിനമായതും അല്ല അഞ്ചിയും അനുവരും വെളിപ്പെട്ട മറമ്മ നാളിൽ അല്ലാഹുവൻ സമൂഹത്തിൽ നിർപ്പാക്കിൽ ബലവീനമാരുമയടി കൊണ്ടിരുന്നവെ നോക്കി നിശ്ചയമാലിൽ ഉണ്ടെ പിന്ടാ ഇപ്പോൾ അല്ലാഹ് വഴങ്ങും വേദനയിലിന് എനും എങ്ങനെ വിട്ടു തടുക്ക മുടുകൾ അല്ലാഹ് എങ്ങൾക്ക് ഏതാഴിയെ കാട്ടിനാൽ അവപ്പിക്കഴിയേ ഇൻ്റി വേദനയെ അഞ്ചിനാലും അല്ലത് പൊറമയായി നമുക്ക് ഒന്ന് താൽ വേറെ നമുക്ക് ഇല്ലയേ എന്ന് കൈസെയ്ക മറമയിൽ ഇവർ പറ്റി തീർപ്പ് കൂറപ്പെട്ടതും ഷൈതാൻ ഇവർ നോക്കി നിശ്ചയമാങ്ങൾ ഉള്ള വാക്കിത്തേക്ക് കൊടുത്ത വാക്കിൽ മാറുവിട്ടേ നാ ഉ അഴേത്തേ അപ്പോൾ അഴപ്പിനെ ഏറ്റീർത്തിവരും എന്ത് അധികാരമും ഇല്ലേ ആകെ എന്നെ നിണ്ടിക്കാതി ഉണ്ടെങ്കിൽ ഉണ്ടെ നാം കാപ്പാട്ടും അല്ലാത്ത ഇണയാക്കി കൊണ്ടിരുന്ന വിട്ടേമക്കാരോവിനിക്കേദന ഉണ്ട് എന്ന് കൂടുവാൻ ഇന്നും എവർ ഈ മാന് കൊണ്ട് നർക്കർമ്മോ അവർ സുവനവദികളിൽ പുതുത്തപ്പെട്ട അവൻ കീഴേ ആറ് ഓടിക്കൊണ്ടിരിക്കും തങ്ങൾ റബ്ബുടേ അനുമതിയെ കൊണ്ട് അവർ എന്തെങ്കിലും അവർ തങ്ങിയ കാണിക്കും സമാധാനമും ഉണ്ടാകുക എന്നതാകും നബിയേ നൽവാക്കിയതാ എണ്ണം കൂടുതലാൻ കവനിക്കില്ല അത് മനം മിക്ക ഒരു നന്മരത്തെ പോലും അതായത് വേരുകൾ ഭൂമിയ ആഴമാ പലിന്നതെടു വാനലാവിയും അത് തന്നെ റബ്ബി അനുമതിയെ കൊണ്ട് ഒര് ത്തിലും തന്നെ കണിയെ കൊടുത്ത കൊണ്ടേ മക്കൾ നല്ലുണർവെറും പൊരുട്ട് അവധാരണങ്ങളെ കൂടുതലാണ് ഇണവൈപ്പോ ഉദാരണം കെട്ട മരമാകും ഭൂമിയൻ മേൽ വാഗത്തിലിന്നും അതേ പിടുങ്കപ്പെട്ടിരിക്കും ിലെട്ട് നിൽക്കും ഇല്ല ഉണ്ട് ഈമാൻ കൊണ്ടാഹ് ഇവ ഉലും മറുപടി അനുയായക്കാരെ അല്ലാഹ് വഴി തവറവി അല്ലാഹ് താൻ എതെ നാടോ അതെ അല്ലാഹുവ അരുക്കൊടകളെ കുബറെ കൊണ്ട് മാറ്റി തങ്ങൾ കൂട്ടത്താറെയും അഴിവ് വീട്ടിൽ നുഴയുംപടി നബിയേർ പാർക്കില്ല അവർ വന്നും അത് തങ്ങും ഇടങ്ങളിൽ മികവും കെട്ടതാകും അവർ അല്ലാഹു പാതയിലി മക്കളെ വഴികടുപ്പതായി അവനുക്ക് ഇണയാക്കുക നബിയേ അവ നോക്കി നീർ ഇവ് ഉലിൽ സിത് കാലം സുഖം അനുഭവിച്ച് കൊള്ളുങ്ങൾ നിശ്ചയമാ േരുടം നരകംതാൻവിടും കൊണ്ടേർ കൊടുക്കൽ അവ മുറയു ഒഴുകൂവും നാം അവരുന്ന് രഹസ്യമാകും ബഹിരംഗമാവും ദാന ധർമ്മങ്ങളിൽ സെലവ് ചെയ്യവും അല്ലാ എത്താൽ അവൻതാൻ വാനങ്ങളെയും ഭൂമിയെയും പടത്ത് വാനത്തിലിരുന്ന് മഴയെയും പൊഴിയ ചെയ്തു അതെ കൊണ്ട് കലിവർഗങ്ങളെയും ഉണ്ടു ആകാര വെളിപ്പെടുത്തി തൻ കട്ടലയാണ് കടലിൽ ചെല്ലുമാറു കപ്പലെ ഉസപ്പെടുത്തി കൊടുത്തും ആറുകളെയും ഉണ്ടു വസപ്പെടുത്തി തന്നളിൽ ഒഴുങ്ക സൂര്യനെയും സന്ദ്രനെയും അവനേ ഉസപ്പെടുത്തി തന്നാലും അവനേ ഇറവയും പകലെയും ഉണ്ടു വശപ്പെടുത്തി തന്നാൻ ഇവ അൻ അവം കേട്ട യാവിലും ഇരുന്നും അവൻ ഉങ്ങൾക്ക് കൊടുത്ത അല്ലാഹവൻ അരുക്കൊടകളെ ഗണിപ്പീകളായും അവരെ എണ്ണി മുടിയ നിശ്ചയമായ മനുതൻ മിക്ക അനുയായക്കാരനാ മിക്ക നന്ദി കെട്ടവനാ നെവ്കൂരു ഇബ്രാഹീം ഇവനേ ഇന്ന ഊരെ മക്കാവ സമാധാനമുള്ളതായി അച്ചം തീർന്നതായ് ആക്കുവായാൻ മക്കളെയും സിലെകളെ വഴങ്ങുവതിലിന് കാപ്പാ യാകുണ്ട് ഇബ്രാഹീം നബിയേർ അവറും നിശ്ചയമാിലെ മക്കളിൽ അനേകരെ വഴികെടുത്ത് വിട്ട പിൻപറ്റോ അവർ എന്നെ ചേർന്നവരാർ എവർക്ക് മാറുകാരോ അവർ എന്നെ സാർന്നല്ലേ എന്നാലും മന്നിപ്പവനാ മിക്ക കരുണയുടൈവനാൾ എങ്ങനെ നിശ്ചയമാറിലും സങ്കയാണ് ഉൻ വീട്ടിൽ കറബാൻ അരുസായം ഇല്ലാതെ ഇപ്പള്ളത്താക്കിൽ എങ്ങനെ ഇവ കൊയ അവ നിലനിർത്താട്ട കുടിയേറ്റിരിക്കോക്കും ഇന്നും അവർ നന്ദിസെത്തും വർഗങ്ങളിലിരുന്ന് അവ ആകാരും അങ്ങനെ മറത്തു വെച്ചും അറിയും ഭൂമിയോ മേലും വാനത്തിലോ ഉള്ള എന്തൊരു അല്ലാഹുക്ക് മറന്നതാ ഇല്ലേ എല്ലാ പുഴും അല്ലാഹുക്കേ ഉറിയത് അവനെ എന്നുടേ മുത്മയിൽ ഇസ്മായിലയും ഇസ്ഹാത്തെയും മുതൽവുകളക്ക് അൻപത് പ്രാർത്ഥനയെ കേന്ദ്ര റപ്പേ തൊഴുകയെ നിലനിർത്തവോരുക എന്നെയും സന്തതിയിൽ നിന്ന് ആക്കുവായാ എ പ്രാർത്ഥനയെയും ഏറ്റക്കൊള്ളവായാ എങ്ങൾ ഇറവാ എന്നും പെട്ടോകളെയും മോമിയങ്ങളെയും കേൾവികൾക്ക് കെക്കും മറുമിൽ മന്നിപ്പായാ പറ്റി അല്ലാ പരാമുഖമാക്കി നബിയേയ എണ്ണ വേണ്ട അവണ്ടാമ പടുത്ത കണ്ണുകൾ വരെയു പണ്ടേ അന്നെ നാളുകാത്ത അങ്ങനെ ചിലങ്ങൾ എപ്പക്കമും പാരാൽ നിമിത്തിയവളും വിലന് ഓടുപോലും അവർ ഇരുപ്പ് ിലെ കുത്തിയ അവ പാർവ് അവൾ പക്കം താത് ഇന്നും അവദയങ്ങൾ ദിടുക്കം കൊണ്ട് വേദന പറ്റി നബിയേർ മക്കൾക്ക് അച്ചം ഊട്ടി എച്ച അപ്പോൾ അനുയായം ചെയ്തവർ എങ്കിൽ ഇവനെ എങ്ങനെ സറ്റേ അവകാശം കൊടുപ്പായാ ഉന്നുടേ അഴപ്പിക്കൊള്ളുകൂതകളെയും പിൻപറ്റോം മുർ സത്യം ചെയ്തു കൊണ്ടുക്കില്ലയും തീങ്കിത്തൊണ്ടാകേ അവർ വാൾവിടങ്ങളിൽ വസിത്തീകരിച്ച അവോം എന്നും ഉണ്ട് ഇന്നും നാം ഉള്ള മുൻ ഉദാരണങ്ങളെയും എടുത്തു കാട്ടിയ്ക്കോ ഇവൻ കൂടുവാണ് അവർ തങ്ങൾ സൂക്ഷികളെ കൊണ്ടേ അവൾ മലകളെ പെർത്തുവിടക്കൂടിവയായി പോലും അവണ്ടാഹുവിടം ആകെ അല്ലാ തൻ ദൂത അൻ വാക്ക് മാറാൻ എന്റെ നബിയെ നീർ എണ്ണ വേണ്ട നിശ്ചയമാവരെയും മികത്തവനാ പഴി വാങ്ങുപനാമ ഭൂമിയാ വാനങ്ങളും മാറ്റപ്പെട്ട് അവർ വെളിപ്പെട്ട് അടക്കി ആൾക്കിയൻ അവർ നിലവിൽ ഇന്നും അനാളിൽ സങ്കിലും ഇണൈക്കപ്പെട്ടവരാണ് കുറ്റവാളികളെ കാണിയ ആടൈകൾ താരാൽ കീഴ് എണ്ണയ ഇന്നും അവരുടെ മുഖങ്ങളെ നെരുപ്പ് മൂടിയിൽ ഒരാളും അത് സമ്പാദിത്ത കൂലി കൊടുപ്പേ അവ അല്ലാ കേൾവികൾക്ക് കെപ്പതിൽ മികവും തീവ്രമാണി കൊണ്ട് എച്ചയത്തു ഒരേ നായൻ ആകിയ അല്ലാഹ്താൻ എന്നതെ അവൾക്കാൻ അറിവുടയോർ ഉപദേശവും നല്ലുണവും പെരുവകവും ഇവൻ എഴുതി വി നല്ല അറിയിപ്പും